മനുഷ്യരുടെ അക്രമങ്ങൾക്ക് അള്ളാഹു സുബാനുഹൂവായാല അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരു ജീവിയെപ്പോലും അവൻ ബാക്കിവെക്കില്ലായിരുന്നു എന്നാൽ അവൻ അവരെ നിശ്ചിത സമയം വരെ നീട്ടിക്കൊടുക്കുന്നു അവരുടെ സമയം വന്നാൽ അവർക്ക് ഒരു നിമിഷം പോലും അത് വൈകിപ്പിക്കാനോ മുന്നോട്ടു നീക്കാനോ സാധിക്കില്ല